സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും താഴെയായി അരുവികളൊഴുകുന്ന അതിൽ നിത്യവാസികളായിരിക്കാവുന്ന സ്വർഗത്തോപ്പുകളും അതിൻ സ്വർഗത്തിലെ ഉത്തമമായ താമസസ്ഥലങ്ങളും അള്ളാഹുസുബാനഹുവാല വാഗ്ദാനം ചെയ്തിരിക്കുന്നു അള്ളാഹുസുബാനഹുവാലയുടെ തൃപ്തി അതിനേക്കാൾ വലുതാണ് അതാണ് മഹത്തായ വിജയം